വിടെ പറഞ്ഞു ശ്രുതി പ്രമാണമനുസരിച്ചും ആത്മാ സ്വയം പ്രകാശമാണ് അത്രായം പുരുഷ സ്വയം അവർ ഈ സ്വപ്നത്തിൽ അതങ്ങനെ പറയാൻ പറ്റും അവിടെ മനസ്സുണ്ടല്ലോ പറയുന്നു മനസ്സുണ്ട് പക്ഷെ അത് വിഷയമാണ് മനസ്സിനെ ആത്മാവ് പ്രകാശിപ്പിക്കുകയാണല്ല മനസ്സാത്മാവിനെ പ്രകാശിപ്പിക്കുക അല്ല മനസ്സ് വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യക്ഷമാവും പ്രത്യക്ഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ദ്രിയാതെ ആവുന്നതുകൊണ്ട് ഇന്ദ്രിയെന്ന് പറഞ്ഞാൽ അതീന്ദ്രിയാണ് അവിടെ പറഞ്ഞു മനസ്സ് പ്രത്യക്ഷം തന്നെയാണ് അത് അനുമാനത്തിലൂടെ സാധ്യത എന്താണ് മനഃപ്രത്യക്ഷം ജ്ഞാന അസമായ കാരണം ആധാരത്വ ആത്മാവത് സംബന്ധ്യ വിജ്ഞാന സമവായം പക്ഷെ പ്രത്യക്ഷമായാലങ്ങനെ അതീന്ദ്രിയമാവും പറയുന്നു സാക്ഷി ഭാസ്യമാണ് ഇന്ദ്രിയവേദ്യം അല്ല സാക്ഷിഭാസ്യമായതുകൊണ്ട് സാക്ഷിയെ മനസ്സല്ല പ്രകാശിപ്പിക്കുന്നത് മറിച്ച് മനസ്സിനെ സാക്ഷിയാണ് പ്രകാശിപ്പിക്കുന്നത് മനസ് വിഷയമാണ് ആത്മാവ് സ്വയം പ്രകാശമാണെന്നു ഇത്രയാണ് പറഞ്ഞത് തസ്മാൻ നിരസ്ഥ സമസ്തകളങ്ക അവകാശം ആത്മ സ്വപ്രകാശ ഇനി അതിനെക്കുറിച്ച് യാതൊരു സംശയവും മനസ്സിവയ്ക്കാൻ പാടില്ല തച്ച ആത്മരൂപം അവിദ്യ പരികല്പിത പ്രപഞ്ച അവഭാസകോ നിവർത്തകത്വ ജ്യോതിശബ്ദ വിധേയം യഥ ൂപ സാർവരാദി തമോ നിവർത്തന ജഗതവഭാസകം ആദിത്യാദി ജ്യോതിര സിദ്ധം ഇത് അടുത്തൊരു പുതിയ വിഷയത്തിലേക്ക് കടക്കാനുള്ള ഒരു ചെറിയ പഴുതിട്ട് ഇവിടെ അപ്പോൾ ആത്മാവ് സ്വയം പ്രകാശമായോണ്ടുള്ള ഗുണം പറയാണ് ഒന്ന് അവിദ്യാകല്പിതമായ ഈ പ്രപഞ്ചത്തിനെ അത് പ്രകാശിപ്പിക്കുന്നു ആത്മാവാണ് പ്രകാശിപ്പിക്കുന്നത് അതേസമയം അവിദ്യയാകുന്ന തമസ്സിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു രണ്ട് കാര്യമാണ് ജ്യോതിഷിൻ്റെ ആദിത്യ പ്രകാശം അന്ധകാരത്തെ മാറ്റുന്നു വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നത് ആത്മാവ് അത് പിന്നെ എങ്ങനെയെന്നൊക്കെയുള്ളത് ചർച്ച ചെയ്യും ആത്മാവ് അവിദ്യ തമസിനെ നിവർത്തിപ്പിക്കുന്നു അവിദ്യാകാര്യങ്ങളെ പ്രകാശിപ്പിക്കുന്നു അതാണ് അതിനെ ജ്യോതിസായി പ്രകാശമായി സ്വീകരിക്കുന്നതുകൊണ്ടുള്ള ഗുണം അതിന് ഉദാഹരണം പറഞ്ഞു അത് തന്നെ എന്താണോ രാത്രിയിലെ അന്ധതാരത്തെ ആദിത്യന് ഉദിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുന്നു നശിപ്പിക്കുന്നു ഈ ജഗത്തിലെ നാമരൂപങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്നു അതുപോലെ ദൃഷ്ടാന്തം അവിടെയാണ് പ്രശ്നം ചെറിയൊരു പ്രശ്നങ്ങൾ സുപ്രകാശം ആത്മരൂപ അവിദ്യാ പരികൽപിത പ്രപഞ്ചഅഭാസകത്വ തദ്ദേശം ജ്യോതിർജിയ ദക്ഷിണാമൂർത്തിപത്തി ദശ അല്ല അവിടെ ജ്യോതി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് എന്താണ് സ്വപ്രകാശാത്മന ജ്യോതി ആ ജ്യോതിയാണ് ഇവിടുത്തെ തത്ത് ആത്മരൂപം അവിദ്യ ആത്മരൂപം ആ ജ്യോതി സാത്മാവാണ് ജ്യോതി ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ് ആരാണോ ഈ പ്രപഞ്ചത്തെ അറിയുന്നത് അവന്റെ സ്വരൂപമാണ് അവിദ്യാ പരികൽപിത പ്രപഞ്ചഅഅാസകോതി എന്നാണ് അവിദ്യ കല്പിതമായ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നു പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിന് കാരണം അവിദ്യ അതിനെ വിശദമായി വരും സമാന്യർത്ഥം മനസ്സിലാകും അവിദ്യ പരികൽപിതമായ പ്രപഞ്ചത്തിന്റെ അവഭാസകമാണ് അതുകൊണ്ട് ജ്യോതിയാണ് പിന്നെ അവിദ്യ തമോ നിവർത്തകത്വച്ച ജ്യോതി അവിദ്യയാകുന്ന തമസിനെ ഇല്ലാതാക്കുന്നു അതുകൊണ്ട് ജ്യോതിസാണ് ജ്യോതിശബ്ദ അവിധേയം ജ്യോതിശബ്ദം എന്ന് പറയുന്നത് ലൗകികമായ ജ്യോതിയിൽ ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് അത് ആത്മാവിനെ ഉപയോഗിച്ചു അങ്ങനെ ജ്യോതിശബ്ദത്തിൻ്റെ അഭിധേയമാണ് അഭിധേയം ഏത് താകുന്ന ദു ദുധാനുത ഏത് പ്രത്യം വന്നു പഴയതൊന്നും ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കണം പഴയ പ്രത്യം ഏത് കൃത്യപ്രത്യ കൃത്യപ്രക്രിയ ഉണ്ടല്ലോ അതിനകത്ത് വന്നതാണ് വിധേയം ഞാൻ ഒരു ഉദാഹരണോട് പറഞ്ഞുതരാം അവിടുത്തെ പേയം സൂത്രം അച്ചോയത്ത് ഈ ധിയ സർവ്വദാഥാർഥ്യ ഗുണം പേയം അതുപോലെയാണ് ധ്യയം പഴയതൊക്കെ ഒന്ന് ഓർക്കാം വേണ്ടി ചോദിക്കുന്നേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല പറയുന്ന ഉത്തരം ഞാനും ചിലപ്പോ ഓർത്തില്ലെന്നൊരു അതുകൊണ്ട് പറയുന്ന നല്ലത് അതുകൊണ്ട് ഇനിയെങ്കിലും അത് ഓർത്തുവച്ചിട്ട് പറയണം ജ്യോതിശബ്ദത്തിന്റെ വിധേയമാണ് ജ്യോതി ശബ്ദം കൊണ്ട് പറയുന്നതാണ് ഈ ചിത്താത്മാരെ കാര്യത്തിൽ ഉപമാനം ശബ്ദം ഈ നാല് പ്രമാണങ്ങളെ കുറിച്ചാണ് അധികം ചർച്ച എന്നുള്ളത് അങ്ങനെ ശരിയാണോ ചർച്ച ഇതിനെ കുറിച്ചാണ് ഏറ്റവും അധികം വ്യാഖ്യാനങ്ങൾ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത് തത്വചിന്താമണി അത്ര പ്രയാസമുള്ളതല്ല നമുക്ക് വായിച്ചാൽ മനസ്സിലാവും പ്രസവം അതിൻ്റെ വ്യാഖ്യാനങ്ങളാണ് വായിക്കാൻ വായിച്ച മനസ്സിലാകത്ത് ഒരാളുടെ സഹായം വേണം പുസ്തകം ചെറുതാണോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പറഞ്ഞു തരാം സമയം വേണം ഒരു ഭാഗം വ്യാഖ്യാനം തത്വം തവണയല്ല എൻ്റെ വ്യാഖ്യാനം പറഞ്ഞാൽ മനസ്സിലാവും ആ തത്വചിന്താ നിയുടെ വ്യാഖ്യാനമാണ് നമ്മള് തർക്കസങ്കേത്തിൽ പിടിച്ച വ്യാപ്തിയുടെ ലക്ഷണം ഓർമ്മയുണ്ടോ സദ്യ ആവശ്യ സംബന്ധം ആവശ്യ സദ്യ ആവശ്യാവുന്ന പ്രതിയുതാവശ്യ സംബന്ധാവശ്നെ പ്രതിയുതാവശ്യത പരിഗണന ആവശ്യ അഭാവം നിരൂപിത ഹേതാവശ്യ സംബന്ധാവച്ച ഹേതാവശി രോ ആവശ്യ പഠിച്ച ഓർമ്മയുണ്ടോ കേട്ടിട്ടുണ്ടോ ഓർമ്മയുണ്ടോ കേട്ട ഓർമ്മ പോലും പലർക്കും ഇല്ല പഠിച്ച ഓർക്കും അതാണ് തത്വേന്ദണിട വ്യാഖ്യാനത്തിന്റെ ഒരു ഭാഗം കുറച്ചുകൂടെ വലുതായിട്ട് സമയം ഉണ്ടെങ്കിൽ പഠിക്കാം അപ്പൊ നിങ്ങള് പഠിക്കാതിരുന്നിട്ടില്ല പഠിച്ചിട്ടുണ്ട് അതാണ് വ്യാഖ്യാനം ആ ശൈലിയാണ് മൊത്തം തത്വ ചിന്താമണി സിമ്പിളാണോ വ്യാഖ്യാനം സർഗസംഗ്രഹത്തിന്റെ അറിയുമോട് ഇത് തന്നെ ഇത് കുറച്ചുകൂടെ വലുതാക്കണം വലുതായി പഠിക്കാം ക്ക് പക്ഷെ ഇത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഓർമ്മ ഒരു പ്രധാന ഘടകമാണ് വ്യാപ്തി ലക്ഷണം പൂർവപക്ഷ വ്യാപ്തി ഇനി സിദ്ധാന്തവ്യാപ്തിയുണ്ട് അത് വരും ഇത് കുറച്ചേ ഉള്ളു അത് ഒരു വ്യാപ്തി ലക്ഷണം നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുനൂറ് പേജ് നിങ്ങളുടെ കയ്യിരിക്കുന്ന പുസ്തകത്തിന്റെ ഒരുനൂറ് പേജ് വരും ഒരു വ്യാപ്തി ലക്ഷണം അത് വേണമെങ്കിൽ പഠിക്കാം ഇന്നത്തെ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ അറിയാനുള്ള ജിജ്ഞാസുണ്ടെങ്കിൽ പക്ഷേ വേറെ പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ഇങ്ങനെ ചിന്തിക്കാം ഒരു എക്സസൈസ് രസകരമാണ് പഠിക്കുന്നത് പിന്നെ ഇതൊക്കെ പറയുമ്പം മനസ്സിലാക്കാൻ ഇതാണ് അല്ലേ മനസ്സിൽ കാണുന്നു മാനത്ത് കാണുന്നു പറയും അതുപോലെ ഇതൊക്കെ വായിക്കുമ്പം ബുദ്ധി കൂടുതൽ അതിൻ്റെ ഒരു പ്രയോജനം അതാണ് ബുദ്ധി എല്ലായിടത്തും ചുഴിഞ്ഞ് ചെല്ല് നാനാവശങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ബുദ്ധിയുടെ ശേഷി ചിന്താശേഷി വർദ്ധിക്കും അല്ലാതെ നേരിട്ട് വേറെ പ്രയോജനങ്ങൾ വരെ ഇല്ല ചിന്താശേഷി കൂടും ചിന്തിക്കാനുള്ള കഴിവ് കൂടും ആർക്കും ഓർമ്മയില്ല വ്യാപ്തി ലക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല എത്ര ദിവസം എടുത്തു അത് പഠിക്കാൻ ഒരുപാട് ദിവസം എടുത്തില്ലേ ഓർമ്മയില്ല ആർക്കും പഠിച്ചതായിട്ട് ഏ സാധ്യത ആവച്ചത് സംബന്ധാവചിഹ്ന സാധ്യത അവചിഹ്ന പ്രതിവിധിതാവശിയത് സംബന്ധാവച്ചിഹ് പ്രതിവിധാവതക വൈയധിക ചിഹ്ന പിന്നെ ബാക്കി അഭാവം ഭാവം നിരൂപിത ഹുതാവശ്യ സംബന്ധിതാവശ്യതക ഏ പ്രതിയോഗിത പ്രതിയോഗിത അഭാവം നിഷ്ഠേ ഇത് നിഷ്കർഷ ഏകോട്ടെ യഥാ ഈ പറഞ്ഞതെന്ന് പറയുന്നത് എന്താ നമ്മൾ ഈ പറഞ്ഞ ഈ ലക്ഷണം എന്ന് പറയുന്നത് അതിന്റെ ഒറിജിനൽ ആ ലക്ഷണത്തിന്റെ വെറും ശിശു ശിശു ഇതിലും ബെഡാലക്ഷണം ഉണ്ട് ഇത് എന്ന് വലുതാവുന്നു അത് പറയണോ യഥാ ഭാവരൂപർവരാദിതമോ നിവർത്തനമാണ് ജഗതൌഭാസകം ആദിത്യാദി ജ്യോതി അതായത് അവിദ്യ കല്പിതമായ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുകയും അവിദ്യയെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ ജ്യോതി ഏതുപോലെ ആദിത്യനും ഇരട്ടിനെ നമ്മൾ നശിപ്പിക്കുന്ന അവിടെ ഒരു പദം വന്നെന്താണ് യഥാ ഭാവരൂപർവരാദിതമോ നിവർത്തനേന ഭാവരൂപത്തിലുള്ളവരാധി തമസ് ചർവരം എന്ന് പറഞ്ഞാൽ രാത്രിയിലേയും മറ്റും ഇരട്ട് അതിൻ്റെ നിവർത്തനേന നിവർത്തിപ്പിച്ചുകൊണ്ട് ജഗത് ഔഭാസകം ജഗത്തിനെ പ്രകാശിപ്പിക്കുന്നവര് ആദിത്യാദിജ്യോതി ആദിത്യാദിയിലെ വിസർഗം ഇവിടെ പോയി എന്തുകൊണ്ട് ആ നമസ്കാരം ആദിത്യാദിജ്യോതി ഇവിടെ വിസർഗില്ല ഇതി സിദ്ധം ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാണ് ആദിത്യജ്യോതിസ് ഇരുട്ടിനെ ഇല്ലാതാക്കി ജഗത്തിനെ പ്രകാശിപ്പിക്കുന്നതുപോലെ ഇവിടെ അടുത്ത് ചർച്ച തുടരുന്നതിനുള്ള ഒരു ചെറിയ പഴുത്ത് ഒരു അവസരം കൊടുത്തിരിക്കുന്ന എന്താണ് ഭാവരൂപ സർവരം ഇരുട്ട് ഭാവരൂപണെന്ന് പറഞ്ഞു ഇരുട്ട് ഭാവരൂപം ഇതാണ് ഭാവരൂപമാണ് ഇരട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താർക്കിൻ സമ്മതിക്കോ അവരെ സംബന്ധിച്ച ദ്രവ്യ ഗുണകർമ്മ സാമാന്യ വിശേഷ സംവായ ഭാവ അതിൽ സമവായം വരെ ഉള്ളതാണ് ഭാവപദാർത്ഥങ്ങൾ അവരുടെ നമുക്കനുസരിച്ച് പിന്നെ വരുന്ന ഒന്നാണ് എന്ത് അഭാവം അഭാവത്തെ ഭാവമായിട്ടെടുക്കുമോ ഇല്ല അപ്പോ പ്രകാശത്തിന്റെ അഭാവമാണ് ഇരട്ട് അതിന്റെ പേരാണ് തൊമസ് പ്രകാശ അഭാവമാണ് തൊമസ് അതാണ് അപ്പൊ അതൊരു കാരണമെച്ചാലും ഭാവമാകത്തില്ല പക്ഷെ ഇവിടെ അദ്വൈതി പറയുന്നത് ഭാവരൂപ തമസ്സെന്ന് എന്ന് പറഞ്ഞാൽ അദ്വൈതിയുടെ അഭിപ്രായത്തിൽ മറ്റു ആറ് പദാർത്ഥങ്ങളെയും പോലെ ഒരു ഭാവപദാർത്ഥമാണ് തമസ് ഇത് കാർക്കെ സഹിക്കാമെന്നുള്ളതിന്റെ അങ്ങേ അറ്റമാണ് കാർക്കും പറയുന്നു ഇത് ഒരു കാരണവശാലും ശരിയാകത്തില്ല തമസ് ഇരട്ട് അത് അഭാവമാണ് എന്തിന്റെ അഭാവം പ്രകാശത്തിന്റെ അഭാവം അദ്വൈതി എന്തുകൊണ്ടിങ്ങനെ പറയുന്നു ആ വ്യാഖ്യാനത്തിൽ തുടങ്ങുന്നിടത്തൊരു ചെറിയ പാട്ടുണ്ട് പാടി നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഭാവാഭാവാതിക അവിദ്യ തത്വ ദൃഷ്ടാന്തിതം തമ വൃദ്ധൈ തദസി ഭാവത്വം വാദേനേന സാധ്യത്തെ ഭാവാഭാവാദിക തത്വേന്ന് പറഞ്ഞാൽ എന്താണ് ഭാവത്തെയും ഭാവ ഭാവാഭാവം ഭാവാ ഭാവാഭാവം സമാഹാര ദന്തമായിട്ടൊക്കെയാണെങ്കിൽ ഭാവാഭാവം അതിഗച്ച രീതി ഭാവാ എന്തായി അവിദ്യ ഭാവത്തെയും അഭാവത്തെയും അതിക്രമിക്കുന്നു ഭാവത്തന്നോ അഭാവമെന്നോ നിർവചിക്കാൻ കഴിയാത്തതാണ് എന്ത് ഭാവ അഭാവ അധിക ഭാവത്തെയും അഭാവത്തെയും അതിക്രമിക്കുന്നു ഭാവത്തിനും അഭാവ ഭാവമെന്നോ അഭാവമെന്നോ നിർവചിക്കാൻ കഴിയാത്തതാണ് അവിദ്യ അങ്ങനെയുള്ള അവിദ്യ തത്വ ആ തത്വത്തിൽ ദുഷ്ടാന്തിതൻ തമഹ തമസിനെ ദുഷ്ടാന്തമാക്കി പറഞ്ഞു പത്മപാതാചാര്യർ അതുപോലെയുള്ള ആചാര്യന്മാരെല്ലാം പറഞ്ഞു എന്താണ് ഇരട്ട ഭാവമാണ് ഭാവമെന്നോ അഭാവമെന്നോ നിർവചിക്കാൻ കഴിയത്തില്ലെങ്കിലും അത് ഭാവമാണ് അത് വിശദമായി ചർച്ച വരും എന്നാലും ഭാവമൊന്നും നിർവചിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ ഭാവമാകും അഭാവമൊന്നും പറയാൻ പറ്റുന്നെങ്കിൽ ഭാവമൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ പിന്നെ എങ്ങനെ ഭാവമാകും അഭാവം ഒന്നും പറയാൻ കഴിയത്തില്ല ഭാവമൊന്നും പറയാൻ കഴിയത്തില്ല ഇങ്ങനെ ഭാവമാകുന്നേ ആ അതായത് ഇപ്പോ രജി സർപ്പം തന്നെ പ്രതീതമാകുമ്പോ മരുമരഞ്ചുക പ്രതീതമാകുമ്പോ അതെന്താണോ അഭാവമായിട്ടുള്ള പ്രതീതമാകുന്നു നിർവചിക്കാൻ പോയി കഴിഞ്ഞാൽ രണ്ടിനെ നീക്കത്തിൽ അപ്പൊ ഭാവപ്രതീതിയുണ്ട് അതിന് അതുപോലെയാണ് ഇരട്ട അതുകൊണ്ട് ഇരട്ടിനെ ഒരിക്കലും അഭാവത്തിൽ ചേർക്കാൻ കഴിയത്തില്ല അത് ഭാവമാണ് അത് ആണ് പറയുന്നത് ഭാവാഭാവാധിക തത്വ അവിദ്യ എന്ന് പറയുന്ന അവിദ്യ തത്വമാണോ അവിദ്യ എന്ന് പറയുന്നൊരു തത്വമാണ് ണോ അവിദ്യയാണോ തത്വം അതെ ആത്മാവാണോ തത്വം പിന്നെ എങ്ങനെ അവിദ്യ തത്വം എന്ന് പറയുന്നത് സ്വരൂപം വർണ്ണിക്കുന്നിടത്ത് അവിദ്യ പദാർത്ഥം തത്വം എന്നുവെച്ചവിടെ പദാർത്ഥം ഒരു വസ്തു അതിനെ വർണ്ണിക്കുന്നിടത്ത് തമഹ ദൃഷ്ടാന്തിതം വൃദ്ധഹി തമസിനെ ദൃഷ്ടാന്തമാക്കി തത് അസ്യാവം തസ്മാ അതുകൊണ്ട് അനേനവാദന സാധ്യത ഈ വിചാര വാദമെന്നുവെച്ച വിചാരമൊന്നാണ് ചിന്ത ഈ ചിന്തയിലൂടെ അതായത് പൂർവാചാര്യന്മാർ തമസിനെ ഭാവം എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളിവിടെ അതിനെ ശ്രദ്ധിക്കുകയാണ് വിചാരം ചെയ്ത് അത് ഭാവം തന്നെ എന്ന് ഉറപ്പിക്കുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അദ്വൈതത്തിന്റെ അദ്വൈത സിദ്ധാന്തം പല വഴിക്ക് തുടങ്ങിയതിന് ഒരു പ്രധാന കാരണം ഇതാണ് എന്ത് ഈ ഇരുട്ടെന്ന് പറയുന്ന സംഗതിയാണ് അത് ഭാവമാണോ അതോ അഭാവമാണോ അതോ ഭാവാഭാവ ഉമാണോ ലക്ഷണമാണോ ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെയാണ് പല പല പല സിദ്ധാന്തങ്ങൾ വരുന്നത് അതിനെ ദൃഷ്ടാന്തമായി പറഞ്ഞു അതിനുവേണ്ടി രണ്ടുപക്ഷമാണ് ചർച്ച ചെയ്യുന്നത് അദ്വൈതയുടെ പക്ഷം എന്താണ് അത് ഭാവമാണ് താർക്കീയനാണെങ്കിലോ വിട്ടുകൊടുക്കത്തില്ല താർക്കീയൻ പറയുന്നു അത് പ്രകാശ അഭാവമാണ് ജ്യോതിഷന്റെ അഭാവമാണ് രണ്ടും രണ്ടടുത്ത് നിൽക്കുകയാണ് ചെയ്തിരുന്ന താർക്കികൻ അഭാവത്തിന് പദാർത്ഥമായി സ്വീകരിക്കുന്ന താർക്കികം തന്നെയാണ് ശിശുചാര്യം അതായത് താർക്കികന്മാരോട് സംസാരിക്കുമ്പോ അവര് പറയുന്ന എല്ലാ പദാർത്ഥങ്ങളെയും അംഗീകരിച്ചേ സംസാരിക്കൂ ഇതുവരെ അങ്ങനെയാണ് ചെയ്തത് ആദ്യം താർക്കികന്മാർക്ക് അഭാവം എന്നുള്ള പദാർത്ഥം ഉണ്ടായിരുന്നില്ല പ്രാചീന താർക്കികമാർക്ക് അഭാവം എന്നുള്ളൂ അതിനുശേഷം ഇതൊക്കെ പിൽക്കാലത്ത് വന്നതല്ലേ ചിസ്സുകാചാര്യനൊക്കെ വളരെ പിൽക്കാലത്ത് വന്നയാളല്ലേ ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ട് അതൊക്കെയാണ് ചിസ്സുകാചാര്യനും മറ്റും വരുന്നത് ന്യായ ഭാഷ്യം വൈശേഷിക ഭാഷന്നൊക്കെ പറയുന്നത് ഏത് കാലം ബി സി അതെ ആ സമയത്താണ് അഭാവം ഇല്ല ബി സിയോട് എ ഡിയോട് ഒരു പദാർത്ഥമായി അംഗീകരിച്ചല്ല അഭാവത്തെക്കുറിച്ച് അറിയാമായിരുന്നു രണ്ടും രണ്ടും കാര്യമാണ് അഭാവം എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഇത് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി അതിനെങ്ങനെ സ്വീകരിക്കണം ഭാവം നിന്ന് സ്വീകരിക്കണോ അഭാവം ഒന്ന് സ്വീകരിക്കണം എവിടെ ഭാവം ഒന്ന് സ്വീകരിക്കണം ഭാവം ഒന്ന് സ്വീകരിക്കണം ഈ കാര്യങ്ങളിലല്ല അതിൽ നമ്മൾ ഭാഷയത്തിൽ ചർച്ച ചെയ്ത കാര്യമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ അതുപോലെയല്ല ഭാഷകാരൻ്റെ ഇതിൻ്റെ നിലപാടുകളൊക്കെ വളരെ വ്യക്തമാണ് പക്ഷെ ഇവിടെ വരുമ്പം എന്തു ചെയ്യും നമ്മൾ വെള്ളം കുടിക്കും ശ്രദ്ധിച്ചിരുന്നുണ്ടെങ്കിൽ കാരണം പിടികിട്ടാത്ത ഒരു കാര്യത്തെ കുറിച്ച് കടി പിടികൂടുകയാണ് അപ്പോൾ കുറച്ച് വിഷമിക്കും പ്രയാസപ്പെടും അതുകൊണ്ട് തറക്കിയൻ്റെ സാധനം പ്രകാശത്തിന്റെ അഭാവം അദ്വൈതീയുടെ സിദ്ധാന്തം അത് ഭാവരൂപാണ് പ്രകാശ അഭാവമല്ല അഭാവമേ അല്ല ഇവിടെ കൊണ്ടാണ് ചർച്ച മനസ്സിലാക്കേണ്ടത് അദ്വൈതത്തെ സംബന്ധിച്ച് ശരിയായ അദ്വൈതം മനസ്സിലാക്കുന്നതിന് ഇത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യം അല്ല അതാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരേ ഇത് ഭാവമാണെന്നോ അഭാവമാണെന്നോ പറഞ്ഞ പോരാ എന്തുകൊണ്ട് ഈ പ്രക്രിയയിലൂടെ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നു എന്നറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഭാവമൊന്ന് സ്വീകരിച്ചാലും കുഴപ്പമില്ല അഭാവം ഒന്ന് പക്ഷെ ഇത് സംഗതികളെല്ലാം എന്താണ് വിചാരത്തിലൂടെ ബോധ്യപ്പെടുന്ന കാര്യമാണ് അത് ഒരു സംഗതിയാണ് ഭാവമായാലെന്താ അഭാവമായാലെന്താ പക്ഷേ അതിൻ്റെ പ്രക്രിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത് എന്നുവച്ചീ ഗ്രന്ഥത്തിലെ എല്ലാ ഭാഗവും നമ്മൾ ചർച്ച ചെയ്യത്തില്ല എന്തുകൊണ്ട് അതൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല അദ്വൈത വിചാരത്തിനുപകാരപ്പെടുന്നില്ല സമവായത്തെ കണ്ടിച്ചിട്ട് നമുക്കെന്താ പറയുന്നു അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളല്ല പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങളോ ദ്രവ്യത്തിന്റെ ലക്ഷണം കണ്ടിച്ചുണ്ട് പല കാര്യങ്ങളും പക്ഷെ ഇതങ്ങനെയുള്ള ഇതാവശ്യമുള്ള ഒരു കാര്യമാണ് താർക്കിൻ തന്നെ ആദ്യം തന്റെ പക്ഷം പറയുന്നു നനത്തമൂന്ന ഭാവരൂപം ഭാവേഷനന്ത തമസ് എന്ന് പറയുന്ന ഭാവമല്ല ഭാവപദാർത്ഥങ്ങളിൽ അത് അന്തർഭവിക്കുന്നില്ല അത് തന്നെ കാരണം ആറു പദാർത്ഥങ്ങളിലും തമസ് അന്തർഭവിക്കുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് നിർഭവിക്കുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടൊന്നും പറയാൻ പോവില്ല അതിനുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും പിന്നെ പഠിക്കണ്ടല്ലോ പഠിച്ചു കഴിഞ്ഞു കാര്യമായി ഞാനങ്ങനെ പലതും ചോദിക്കും എല്ലാത്തിനും എന്തുകൊണ്ടെന്നുള്ളത് നിങ്ങൾ സമ്മാനം പറയണമെങ്കിൽ പറയുന്ന ഇത്ര അറിഞ്ഞിരിക്കണേത് ഷഡ്ഗുണേ ദിക്കാണയോ ആത്മാതാപന്തരഭാവേ നിത്യത്വത്തെ എന്ന് പറ അതിന്റെ പകുതി ആയുള്ളൂ ഇനിയും കിടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്തുകൊണ്ടെന്നുള്ളതിന് സമാധാനം അതിനുമുമ്പേ ഒരു എങ്ങനെ പറഞ്ഞു സാഹസം അത് ചോദിച്ച് ശ്രദ്ധിച്ചു നമുക്ക് മറുപടി പറയാൻ പറ്റിയതാണ് എന്തുകൊണ്ട് അന്തർഭവിക്കുന്നല്ലോ അതാ പറയുന്നത് അത് വളരെ ലംബാ ചവിടാ ഒരു പരിപാടിയാണ് ദിവസങ്ങളും ചിലപ്പോൾ മാസങ്ങളും പിടിക്കും വളരെ ഈസി ആയിട്ട് ഉത്തരം പറഞ്ഞു ആ പോട്ടെ ശരിക്കാതെ അന്തർഭവിക്കുന്നില്ല ഇത് അന്തർഭവിക്കുന്നതിന് വളരെ മുമ്പ് ഒരു പാട്ട് പാടിയിട്ടുണ്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ അതെ എന്നാ ഒന്ന് പാടി വായോ വായോർകാശസോ ഗുണജലക്ഷിതിഹേശ്വരെ മനസ്തയുപറ്റ ഓർമ്മയുണ്ടാർക്കെങ്കിലും കുറച്ച് തെറ്റുകളോടുകൂടിയെങ്കിലും ആർക്കെങ്കിലും പറയാമോ ഒരാൾ പറഞ്ഞു ശരിയായിട്ട് തന്നെ പറഞ്ഞു പറയാമോ ഇതറിഞ്ഞിരിക്കണം ഇതറിഞ്ഞാൽ ഈ പറയുന്നതെല്ലാം മനസ്സിലാകും വായൂർ നവേകാദശ നവ പ്ലസ് ഏകാദശി എത്രയായി ഏ എന്നങ്ങനെ വേണ്ട വായൂർ നവ വായുവിനെത്ര ഗുണങ്ങൾ തേജസ് നവ ഏകാദശ ജലക്ഷതി പ്രാണഭൃതാം ചതുർദശ ജലം ക്ഷിതി പ്രണഭൃത്താത്മാവ് ജീവാത്മാ അതിന് പതിനാല് പിന്നെ ബാക്കി ദിക്കാലയോ പഞ്ച ദിക്കിനും കാലത്തിനും പഞ്ച ഏറ്റവും കുറവാണത് ഏറ്റവും കുറവായൊണ്ട് ആദ്യം പറഞ്ഞേക്ക സൂചി കടാഹ ന്യായം അനുസരിച്ച് അത് തന്നെ ആദ്യം പറയാം എളുപ്പം കൊണ്ട് ആദ്യം ചെയ്യണമെന്നാണ് കൊല്ലം ആലയിൽ ഒരു വലിയ വാർപ്പ് പണിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരാൾ ഒരു സൂചി റിപ്പയർ ചെയ്യാൻ അവിടെ കൊണ്ടുവന്നത് അതിൻ്റെ മനസേഖനം അയാൾ ആദ്യം എന്ത് ചെയ്യും സൂചി തന്നെ പണിയും അതെടുത്തൊന്ന് അടിച്ചു തട്ടിയിലാ കൊണ്ടുപോകും അതിൻ്റെ കൂലിയിൽ അതുപോലെയാണ് നമ്മൾ വണ്ടിയും കൊണ്ട് വർഷം പറയുന്ന ഇതിൻ്റെ ഫോണ് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അയാൾ ഓടിയൊന്ന് ശരിയാക്കി കാശു അവിടെ വലിയൊരു പണി പണിഞ്ഞോണ്ടിരിക്കും അത് തീർത്തിട്ട് അവർ വന്ന് വാശി പിടിക്കത്തിട്ട് അതുപോലെ സംയോഗ വിഭാഗ അഞ്ചെണ്ണം ദിക്കിന് കാലത്തിന് പരത്തോ അപരത്തോ വരത്തില്ല എന്തുകൊണ്ട് വിഭുവാണ് അതിൽ പരവും അപരവുമില്ല അഞ്ചെണ്ണം ഏതൊക്കെയാണ് സംഖ്യ പരിമാണ സംയോഗ വിഭാഗ പിന്നെ അഞ്ച് ഖ്യാ പരിമാണ പൃഥക്ത്വ സം വിഭാഗ അഞ്ചങ്ങൾ അതാണ് ദിക്കാലയോ രണ്ടെണ്ണത്തിനും അഞ്ചേ ഉള്ളൂ അതിന് വിശേഷ ഗുണങ്ങളില്ല അല്ലേ ഏതൊക്കെയാണ് വിശേഷ ഗുണങ്ങൾ അതും പാടിയതാണ് രൂപം ഗന്ധൂരസ്പർശ സ്നേഹ സാംസിദ്ധികോ സാംസിദ്ധികോ ദ്രവ ബുദ്ധ്യാദി ഭാവനാന്താശ്ച ശ ശബ്ദവും വൈശേഷിക ഗുണ ഇതെല്ലാം ഇവിടെ ആവശ്യം വരും ഞാൻ ഒന്നുകൂടി പറയുന്നത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ പോയിട്ടൊന്ന് ഓർത്തിട്ട് വരണം കാര്യങ്ങൾ എളുപ്പമാവും ഇതറിഞ്ഞിരുന്നാൽ വളരെ സിമ്പിൾ പ്രയാസമൊന്നുമില്ല അറിയാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആയതുകൊണ്ട് ഒന്ന് ഓർത്താൽ മാത്രം ഇതല്ല എൻ്റെ മാത്രം ജോലിയാക്കി എൻ്റെ തോളി വയ്ക്കരുത് ചിലപ്പോൾ ഞാൻ മറന്നുപോയാലോചിച്ച് നോക്കുക ഞാനും മറന്നുപോയാ സംഭവം എന്താണ് എൻ്റെ പ്രായം അനുസരിച്ച് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ചാൻസ് മറക്കുന്നതിനാണ് അത് നിങ്ങൾ അതുകൊണ്ട് ഓർത്തോണ്ടുവരണം അല്ലേ ആകാശത്ത് ഒന്നുകൂടെ കൂടി ഏതാ കൂടിയത് ശബ്ദം എളുപ്പമായതുകൊണ്ട് അതിൽ നമ്മൾ പറഞ്ഞു പിന്നെ മഹേശ്വരെ അഷ്ടവും ആരൊക്കെയാണ് മഹേശ്വരനിലിരിക്കുന്ന ഗുണങ്ങൾ ജ്ഞാനം ഇച്ഛ കൃതി പ്രയത്നം ബാക്കി കിടക്കുന്നു സംയോഗം വിഭാഗം പൃഥക്തം വരുത്തില്ലേ ശരിയായോ തെറ്റുഭി പറയണം ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഞങ്ങൾ ചേർക്കാനുണ്ടെങ്കിലോ ഉടൻ പറയണം നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് പറയാൻ ഞാൻ പറയുന്നതല്ല നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു പരാതി വേണ്ട എന്തെങ്കിലും വിട്ടുപോയോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നോ അപ്പൊ പറയൂ മനസ്തയു വച്ച മനസ്സിനും ഏതൊക്കെയാ മനസ്സിന് മനസ്സിന് ഇച്ഛേ നല്ല കാര്യമായി രൂപമില്ല രസമില്ല ഗന്ധമില്ല സ്പർശമില്ല ഖ്യ പരിമാണ പൃഥക്ത്വ സം വിഭാഗ പരത്വ അപരത്വ ഒന്നുകൂടി എട്ടെണ്ണം മതിയല്ലോ ഒന്ന് നിങ്ങൾക്കൂടി ചേർക്കാം ഞാൻ ഏഴെണ്ണം ചേർത്തു ഒന്ന് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി ഏത് ഒന്നേ ഒന്ന് സ്നേഹോ മനസിനോടാണോ സ്നേഹോ ആരുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ ചേർക്കണം അല്ലെങ്കിൽ ഞാൻ ചേർക്കും സംസ്കാരം സംസ്കാരത്തിലേത് വേഗം വേഗത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞോ തർക്കം പൃഥ്വ്യാധി ചതുഷ്ടയ മനോവൃത്തി മനസ്സിലുമുണ്ട് ആയോ മഹേശ്വരേഷ്ടോ മനസ്തോ അഞ്ച് കഴിഞ്ഞു ആറ് കഴിഞ്ഞു എട്ട് കഴിഞ്ഞു അല്ലേ നമ്മൾ കൂട്ടിക്കൂട്ടി കൂട്ടിക്കൂട്ടി പോവുകയാണ് ഏ പറഞ്ഞു പറഞ്ഞു ഞാൻ കേട്ടോണ്ട് എനിക്ക് ആരെങ്കിലും പറയാൻ എല്ലാവരും പഠിച്ചവരാണല്ലോ ഞാൻ മാത്രമല്ലല്ലോ പഠിച്ചത് പറഞ്ഞു വായൂർ നവാന്നൊരാള് പറഞ്ഞു ഏതൊക്കെയാണ് പറയുക ഏതൊക്കെയാണ് വായുവിന്റെ ശബ്ദം രൂപം വിട്ടുകളയണം രസമ വിടണം ബന്ധം വിടണം സ്പർശ സംഖ്യ പരിമാണ സംയോഗ വിഭാഗ പരത്വ അപരത്വ ഒന്നുകൂടി തകയും അന്ന് രണ്ടെണ്ണം കൂടെ വേണം കുറവ് ഇനി ഒന്നുകൂടി ചേർത്താ മതി ഏത് സംസ്കാരം സംസ്കാരത്തിലേത് വേഗം ഒമ്പതായോ പറഞ്ഞില്ലല്ലേ വായൂർന്നവ ഏകാദശ തേജസ്വ ഗുണ ഇനി രണ്ടുകൂടെ ചേർത്താ മതി സ്പർശം ഏ ആ അത് തന്നെ ഏ ഏത് അതിന സ്പർശം അത് ചേർക്കാൻ പറ്റില്ല ഏ ഇനി ഒന്നുകൂടെ ചേർത്താ മതി തേജസ്സിൽ ഒന്നുകൂടി ഒന്നേ ഒന്ന് ആർക്കും ചേർക്കാം ഞാനായിട്ട് ചേർക്കുന്നില്ല ഏ നിങ്ങള് പാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചേർത്തോളാം പാസ് ചെയ്താ പഠിച്ചല്ലേ ആർക്കെങ്കിലും പറയാനുണ്ടോ ഒരേ ഒരു ചാൻസ് ഉണ്ടോ അതേ പാസ് ചെയ്യുന്ന ിങ്ങനെ വച്ചുകൊണ്ടിരിക്കാൻ പറ്റിയില്ല സമയം പോകുന്നു ദ്രവത്വം ഉണ്ടാ ഏത് ദ്രവത്വം നൈമിത്തിക ദ്രവത്വം വളരെ സിമ്പിളല്ലേ നമ്മൾ പഠിച്ചതല്ലേ ഇപ്പൊ എന്തായി വയർന്നം ഏകാദശ തേജസ്വ ഗുണ ജലക്ഷിതി പ്രാണഭൃതാം ചതുർദ്ദശ ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ അവസാനത്തേക്ക് മാറ്റി വെച്ച് പതിനാലെണ്ണം അങ്ങനെ കൂടെ ചേർക്കണ്ട ഒന്നൂരൊന്നൂരൊന്നായിട്ട് പറഞ്ഞ് പതിനാല് തേച്ചാ മതി നേരത്തെ പറഞ്ഞിട്ട് ബാക്കി നാലാണ് പറഞ്ഞ അത് അടക്കത്തില്ല പറഞ്ഞ് പറഞ്ഞ് ചേർക്കണം പതിനാറെണ്ണം ആദ്യം ഒന്ന് എടുക്കേത് വായുവേകാദശ തേജസ് ജലക്ഷിതി പ്രാണഭൃതാം ആദ്യം നമുക്ക് ആക്രമത്തിനെടുക്കാം പ്രതിയെ എടുക്കാം ക്ഷിതി അങ്ങനെയല്ലേ വരുന്നത് പിന്നെ ജലം പിന്നെ ജീവ ആദ്യം പ്രതിയെ എടുക്കുക രൂപ രസ ന്ധസ്പശ്യ പരിമാണ സം അങ് പറഞ്ഞു പോകരുത് ആ ദ്രവത്വം ധൈര്യമായിട്ട് പറയാം ഇനി ഒന്നുകൂടെയുള്ളൂ ഒന്നേ ഒന്ന് സ്ഥിതിസ്ഥാപകത്വ സംസ്കാരം അതിന്റെ വ്യാഖ്യാനത്തിൽ എന്തു പറഞ്ഞു കടാതി പൃഥി വൃത്തി അല്ലേ വന്നാൾ കഴിഞ്ഞു എത്ര എളുപ്പം കഴിഞ്ഞു അവിടുത്തെ ഏതാണ് ജലം എടുക്കുക രൂപ രസ ആ ഗന്ധത്തെ അങ്ങോട്ട് കളയണം സ്പർശ സംഖ്യ പരിമാണ പൃഥക്ത്വ സംയോഗ വിഭാഗ പരത്വ അപരത്വ ഗുരുവദ്രവത്വ ഒന്നുകൂടെ ചേരണം സ്നേഹം പിന്നെ പിന്നെ ഏ സംസ്കാരത്തിലേത് വേഗം ഞങ്ങൾ പഠിച്ചുപോയി പറഞ്ഞു പറഞ്ഞു വന്നപ്പോ എല്ലാരും പഠിച്ച് പറഞ്ഞാലയോ എന്നാ ഇനി ഒന്നേ ഒന്ന് ശേഷിക്കുന്നു ഏത് ആത്മാ ജീവാത്മാ ഏത് ൊടങ്ങൂ രൂപരസഗന്ധസ സ്പർശ എല്ലാം പോയി പിന്നെ ഏതാണ് സംഖ്യ പരിമാണ പൃഥക്ത്വ സം വിഭാഗ പരത്വ അപരത്വ കുരുത്വുണ്ടോ ആത്മാവിന് ആരുടെയെങ്കിലും ആത്മാവിനുണ്ടോ ഇല്ല പരത്വപരത്വം ഉണ്ടോ പിന്നെ വരുന്ന ഏതൊക്കെ ഗുണങ്ങളാണ് ഇച്ഛ ദേഷ പ്രയത്ന ധർമ്മ അധർമ്മ സംസ്കാരം എത്രേതാ വിട്ടുപോയത് <native language> <niin French> സ്നേഹം ചേർത്തല്ലോ ഓക്കെ വരി വെൽ